ദൈവത്തിന് മൊത്തം വീണ്ടും നമ്മുടെ മധ്യയിലായിരിക്കുവാൻ ദൈവം തന്നൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തുതിക്കുന്നു ഇന്ന് കേൾപ്പിച്ച വചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമായിരുന്നു നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു ദൈവം നമുക്ക് വലിയൊരു രക്ഷ തന്നിരിക്കുന്നു അത് നമ്മളെ ഗണ്യമാക്കി കളയരുത് പറഞ്ഞ ഒരു കാര്യം വളരെ സ്പർശിച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നില്ലായിരിക്കാം എങ്കിൽ അത് ഗ്രാജ്വലി നമ്മുടെ ഹൃദയത്തെ ഇത് കഠിനമാക്കുവാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പ് തന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിലപ്പം അതിനെ അത്രയും സീരിയസ് ആയിട്ടൊരു പക്ഷേ എടുക്കണമെന്നില്ല പക്ഷേ ആ കാര്യം നമ്മുടെ ജീവിതത്തെ ചിലപ്പം നമ്മുടെ ആ പോക്കിനെ നമ്മുടെ ആ ഒഴുക്കിനെ തളർത്തി കളയുവാൻ ഒരു കാര്യമാണ് അഭിപ്രായ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഉറപ്പിച്ചു തന്ന ഉറപ്പിച്ച് തന്നെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പല കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തിലേക്ക് ജീവിതത്തിലേക്ക് കിടന്നു വന്നപ്പോൾ നമുക്കാദ്യമുണ്ടായിരുന്ന സന്തോഷം ആദ്യമുണ്ടായിരുന്ന ഉറപ്പ് ആ കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ രക്ഷ രക്ഷയെക്കുറിച്ച് അതിൻ്റെ അവർ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് ചെയ്യുന്ന ഭാഗം വലിയ രക്ഷ നാം ഗണ്യമാക്കി കളയരുതെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുമ്പം പലപ്പോഴും ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളൊരു ലോങ്ങ് ജേണിയാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരുപക്ഷെ നമുക്ക് വളരെ സന്തോഷകരമായി തുടങ്ങി എങ്കിലും ഇതിന് മുമ്പോണ്ടുള്ള പോക്കിൽ പലപ്പോഴും നമുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത മടുപ്പുണ്ടാകാം ചിലപ്പോൾ ചില കാര്യങ്ങൾ മടുപ്പ് ചിലപ്പോൾ പാപത്തിൻ്റെ വിഷയങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളായിരിക്കാം പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം അല്ല ലോകർ ലോകത്തിൻ്റെ വിവിധ ആകർഷങ്ങളുണ്ടായിരിക്കാം പലപ്പോഴും നമുക്ക് പുറകോട്ട് വലിക്കുവാൻ നിരവധി ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഈ ഓട്ടം പലസപ്പോസ്തലം പറഞ്ഞ എനിക്ക് ഈ ഓട്ടം ഓടണം എനിക്കത് വിശ്വാസം കാക്കണം ഞാൻ നല്ല പോരു പുരുതണം അവസാനം എൻ്റെ ഓട്ടം തികയ്ക്കേണ്ടതായിട്ടൊരവസ്ഥയുണ്ട് ഇതൊരു ലോങ്ങ് ജേർണിയാണ് ദൈവം അനുവദിക്കുന്ന നാളിലൂടെ നമ്മളിത് അവസാനത്തോളം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിശ്വാസ ജീവിതം പറയുന്നത് അതിപ്പം നമുക്ക് നല്ല അനുഭവങ്ങൾ നമുക്ക് ദൈവസഭ അതിന് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടപ്പുണ്ടാകുമ്പോഴും നാം സഭയിൽ വന്നിരിക്കുമ്പോൾ നാം കേൾക്കുന്ന വചനങ്ങൾ ചെലപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിക്കും നമ്മൾ ഉത്സാഹിപ്പിക്കും നമുക്ക് പ്രോത്സാഹനം തരും അതുകൊണ്ട് ഏതുവചനം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടി വരവുകൾ അഗണ്യമാക്കരുത് അല്ലെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് കരുതരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ നിലനിർത്തുന്നത് നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ ആണ് ഈ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ദൈവഭോചനം നമ്മളതിനെ സഹായിക്കും രക്ഷയിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തെ നമുക്ക് വേദപുസ്തവം ഉൽപ്പത്തി മുതൽ നമ്മളെ പരിചയപ്പെടുത്തി വരുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തു ശേഷം ഇത് വേറൊരു ഡയമെൻഷനിലാണ് നമ്മൾ വേദപുസ്തവം നമ്മളെ കാണുന്നതല്ല നമ്മളീ അനുഭവത്തിലേക്ക് വരുന്ന വേറൊരു ഡയമെൻഷനിലാണ് യേശു ഇവിടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഒരു പിതാവ് എന്നുള്ള നിലയിലാണ് ഈ പിതാവെന്ന നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ സമീപിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം വ്യത്യാസമായ ഒരു രീതിയിലാണ് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം പല മതങ്ങൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള മതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു നിയമപ്രകാരമുള്ളൊരു ദൈവമാണ് ദൈവത്തെ ഇന്നതീത പ്രസാദിപ്പിക്കാം പിന്നെ ചെയ്യതിൽ ദൈവം പ്രസാദിക്കത്തില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പക്ഷേ വേദോത്സവത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല അറിയാവും നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മളോടുള്ള ദൈവത്തെക്കുറിച്ച് നമ്മളെ വേദോത്സവം പഠിപ്പിക്കുന്ന പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മളെ അത് മനസ്സിലാക്കിത്തരുന്ന ഒരു കാര്യം ദൈവം സ്നേഹമാണെന്നുള്ളതാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് വേദോത്സവത്തിൻ്റെ അടിസ്ഥാനം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നതിനാൽ ദൈവം നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ പുത്രനെ തന്നുകൊണ്ട് അവനെ മരണത്തിൽ ഏൽപ്പിച്ചത് അത് കാണിക്കുന്ന ദൈവം നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് റോമലേഖനം അഞ്ചാം അദ്ധ്യായത്തിൽ പറഞ്ഞു ദൈവത്തോട് ദൈവം നമ്മോടുള്ള മനോഭാവം ദൈവത്തിന് നമ്മോടുള്ളൊരു മനോഭാവം സ്നേഹമെന്നുള്ളതാണ് അല്ലെങ്കിൽ സഹാനുഭൂതി എന്നുള്ളതാണ് അപ്പം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു അതുകൊണ്ടാണ് ദൈവം വൈദ്യത്തിൻ്റെ പ്രായലേഖനത്തിൽ പറഞ്ഞാൽ നമുക്ക് തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ കൃപാസനത്തിനടുത്തേക്ക് അടുത്തിയെല്ലാം അടുത്തിയെല്ലാം നമുക്ക് പേടിക്കേണ്ട നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല ഒരു നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചെന്നിരിക്കാം വീഴ്ചകൾ സംഭവിച്ചെന്നിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ഈ ദൈവം തള്ളിക്കളയുന്നില്ല അതുകൊണ്ടാണ് ദൈവം മുടിയൻ പുത്രൻ്റെ ആ മുടിയൻ പുത്രൻ നമ്മൾ പറയുന്ന അർണസെൻസറിനെക്കേടിലേക്ക് പോയ ആ പുത്രനെ പോലും തൻ്റെ പിതാവിൻ്റെ തൻ്റെ ഭാഗങ്ങൾ എടുത്തു മുഴുവൻ നഷ്ടപ്പെടുത്തി മടങ്ങി വന്നാൽ തന്നെ സ്വീകരിക്കുമെന്ന് അവനുറപ്പില്ല ആ വ്യക്തിക്കൊരു ഉറപ്പില്ല എങ്കിലും പോവുകയാണ് എങ്കിലും ആ പിതാവിൻ്റെ ഒരു മനോഭാവം അവിടെ നോക്കി പിതാവിൻ്റെ മനോഭാവം ആ പുത്രനെ എന്തു ചെയ്യുന്നതാണ് പുത്രനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് ദൈവം എപ്പോഴും ദൈവത്തെ നമുക്ക് പരാജയം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദൈവം സ്നേഹമാണ് അല്ലെങ്കിൽ പിതാവാണെന്നുള്ളതാണ് നമുക്ക് പിതാവാകുമ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പം മിസ്റ്റേക്കുകളൊക്കെ എത്ര വരുത്തിയാലും നമുക്കെന്ത് നമ്മുടെ കുടുംബത്ത് കയറി പറ്റും കുടുംബത്ത് കയറി പറ്റും ഞാൻ ഇന്നലെ ഞങ്ങളുടെ നാട്ടുകാരനോട് ഒരാളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാർ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം മഹാ എല്ലാ മനുഷ്യരെയും പറ്റിക്കും പറ്റിച്ച് പൈസ മേടിക്കും പക്ഷേ പുള്ളിക്ക് ഇന്നും പുള്ളിയുടെ വീട്ടിൽ പുള്ളി താമസിക്കുകയാണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളി ഇറക്കി എന്തൊക്കെയാണെങ്കിലും അവരുടെ വീട്ടുകാർക്ക് പുലി ബുദ്ധിമുട്ടാണ് പല കടങ്ങൾ വരുത്തിയിട്ട് അവർ വീട്ടിലെ ആൾക്കാർ സ്ഥലം വിറ്റു കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ അവർ വീട്ടുന്നത് എന്നാൽ അതിനേക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് ഒരിക്കലും നമുക്ക് ചിലപ്പം മടുപ്പ് തോന്നും അല്ലെങ്കിൽ നമ്മൾ തോന്നും നമുക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാകാം അയ്യോ ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഞാനിവിടെ ഒരു സാധാരണ വ്യക്തിയാണ് മറ്റുള്ളവരെയൊക്കെ നോക്കി അവർ ഇവിടെ വരുന്നു അവർക്ക് പ്രസംഗിക്കാൻ അറിയാം അല്ലെങ്കിൽ അവർ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം പാട്ട് പാടാൻ അറിയാം അല്ലെങ്കിൽ അവർക്ക് എന്തേലും കഴിവുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല ചിലപ്പം ഞാനൊരു വളരെ കേവലമായ ഒരു ചെറിയ വ്യക്തിയാണ് എന്നെ ദൈവം സ്വീകരിക്കുമോ എന്നുള്ള ചിന്ത പലപ്പോഴും മനുഷ്യർക്ക് തോന്നാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ ജീവിതത്തിൽ മുഴുവൻ കുഴപ്പമാണ് ഇനിയും ദൈവത്തിൻ്റെ അടുത്ത് തന്നാൽ ദൈവം എന്നെ സ്വീകരിക്കുമോ ഒരിക്കൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാകാറുണ്ട് ഒരനുഭവം എൻ്റെ രണ്ടനുഭവം കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ടനുഭവം അത് ദൈവം എന്നോട് ഇടപെട്ട രണ്ട് കാര്യം ഞാൻ പറയാം ദൈവം നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു നമുക്കറിയാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളോട് ഉപമു കുറഞ്ഞിട്ടുണ്ട് അന്നത്തെ ഒരു കാര്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ നമ്മൾ പാകമെടുക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ആ കല്ലെന്ന് വായിക്കാം ആ തുറക്കും അതിനോട് ബന്ധപ്പെടുത്തി താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് മൊത്തം മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കൂ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും ദോഷികളായ നമ്മൾ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ വേണ്ട ചെയ്യാൻ അറിയാം ദോഷികളായ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് അറിയാം എങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ദൈവം നൽകും എന്നുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു പോയിൻ്റ് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഇതിനോട് കൂടെ തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലും ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ യാജിനോടുള്ള ബന്ധത്തിൽ അന്വേഷിപ്പീൻ മുട്ടുപിൻ യാജിപ്പിൻ എന്ന് പറയുന്ന പോലെ അവിടെയൊരു സ്ത്രീ അവിടെ കടന്നു ചെല്ലുന്ന ഭാഗം ഗ്ലൂക്കോസിൻസിന് ശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടുപം പറഞ്ഞു നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ടറിയാം ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും അടുത്തു പോകാതെ പ്രാർത്ഥിക്കണം അടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു വിഷയം വരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിൽ നിന്നൊരു മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വലിയ പ്രയാസം നോക്കുകയാണെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയും ഓ ദൈവത്തിന് ഈ കാര്യത്തിൽ നമ്മളെക്കുറിച്ച് ഒരു ഒരു താല്പര്യം ഇല്ലായിരിക്കും അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇതിന് ഉത്തരം പറയുന്നില്ലായിരിക്കും പക്ഷേ ഇവിടെ ഈ പറയുന്ന ഉപമ നിങ്ങളൊന്ന് ആലോചിച്ച് വാങ്ങിക്കുകയും ഇവിടെ ഒരു ദൈവത്തെ ഭയു മനുഷ്യന് ഈ മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവൻ ഹൃദയകാഠിന്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ആ മനുഷ്യനെ മാറ്റി നിർത്തിട്ട് ഞാൻ എന്നെ കൊണ്ടുവരികയാണ് ഞാനൊരിക്കെ ഇപ്പം ഇങ്ങനെ എന്തോ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിള്ളേരുള്ളപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്തേലും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നടക്കത്തുള്ളൂ അല്ലെ എവിടെയാവും നമ്മൾ കയറി പിടിച്ചാലും ഈ പിള്ളേരും കയറി ഇതിൻ്റെ കൂടെ വന്നിരിക്കും നമ്മുടെ കാര്യം നടക്കത്തില്ല അപ്പോൾ ഞാനിങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെക്കുറിച്ച് എൻ്റെ വൈഫൊക്കെ പറയുന്ന ഒരു ഹൃദയകാർഢിനുള്ള മനുഷ്യനാണ് സാധാരണ പിള്ളേർക്കറിയുമ്പോൾ എല്ലാവർക്കും ഒരു അലിവക്കെ തോന്നും എടുക്കും ഞാൻ അങ്ങനെ എടുക്കാൻ നിന്ന് എൻ്റെ ഒരു പരിപാടി നടക്കാത്തത് കൊണ്ട് എനിക്കറിയാം ഇച്ചിൽ കറിഞ്ഞിട്ട് കൊച്ചങ്ങ് പൊക്കോളും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിങ്ങനെ അടുത്ത് വരുന്നത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്ത് തീർക്കണം ഞാനിങ്ങനെ ഇരിക്കുന്നു കൊച്ചു വന്ന് കരഞ്ഞു എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പം ഞാൻ നോക്കിയപ്പം കൊച്ച് പതുക്കെ അങ്ങ് അപ്പം ഞാനവിടത്ത് പെട്ടെന്ന് തീർക്കാം ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് വയസ്സ് പോലും ഇല്ലാത്ത കൊച്ച് അവനാകുന്നൊരു സ്റ്റൂളും തള്ളിക്കൊണ്ട് വരുവാണ് ഈ സ്റ്റൂള് തള്ളിക്കൊണ്ട് വന്ന് എൻ്റെ സൈഡിലിട്ടിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കും എന്താ ചെയ്യാൻ പോകുന്നു ഇതേ കയറി ഇരിക്കുമോ കാണാനാണല്ല ഇതെ കയറി എന്നിട്ട് എന്നോട് പറയുക എടുക്കാൻ അപ്പോൾ ഇത്രയും കഠിനമായ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഉണ്ടെങ്കിലും ഈ കൊച്ചിൻ്റെ ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് പോലും ഇത്രയും കഠിനമായ ഹൃദയമുള്ള എനിക്ക് പോലും ആ കൊച്ചിനെ എൻ്റെ പണി മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കൊച്ചിനെ എടുക്കുവാനായിട്ട് ഇടയായി ഇപ്പം എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വാ ഇതാണ് ദൈവം നമ്മളോട് ഇങ്ങനെയാണ് ഇടപെടുന്നത് ഞാൻ എന്നോട് ഇടപെടുന്നത് നമ്മുടെ നമുക്ക് വലിയ വലിയ വിഷയങ്ങളാണെങ്കിലും നമ്മൾ ഒരാൾ പ്രാർത്ഥന ആ കൊച്ചിൻ്റെ ഒരു കാര്യം നോക്കി കുഞ്ഞു കൊച്ചിന് ആകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അത് വീണ്ടും ചെയ്തപ്പോൾ വീണ്ടും അതിനെ എടുക്കണം അതിന് ആഗ്രഹം അപ്പം തന്നെ എടുക്കണം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല അതൊരു സ്റ്റൂളും തള്ളിക്കൊണ്ട് വന്ന് അതെൻ്റെ സൈഡിലേക്ക് വന്നിട്ട് എന്നെ എടുക്കാൻ പറയുമ്പോൾ ഏത് കഠിന കൃതേനും ഇന്ന് എടുത്തു പോകുന്നുണ്ട് അപ്പോൾ അനീതിയുള്ള ന്യായാധിപൻ ആറാമത്തെ വാക്യം അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ ദൈവമോ തന്നോട് രാപ്പകൾ നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പം ഒരു കാര്യം അങ്ങനെ അപ്പുറത്തിരിക്കുന്ന ഒരു ദൈവം മാത്രമല്ല അദ്ദേഹം എൻ്റെ പിതാവാണ് അദ്ദേഹം എൻ്റെ പിതാവാണ് മടുത്തു പോകരുത് മടുത്തു പോകരുത് മടുത്തു പോകരുത് യാജിപ്പീൻ അന്വേഷിപ്പീൻ മുട്ടുപീൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ദൈവം എന്നുള്ള ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന ഏതോ ഒരു കോസ്മിക് റീജ്യൻ ഇരിക്കുന്ന ഒരു ഏതോ ഒരു വ്യക്തിയല്ല ആ വ്യക്തി ആരാണ് എൻ്റെ പിതാവാണ് പിതാവാണ് പിതാവാണ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ വ്യത്യാസമാകും എന്ന് വെച്ചാൽ നമ്മളൊരു ലൈസൻസ് എടുത്ത് തോന്നുന്ന പോലെ ജീവിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു കോൺഫിഡൻസോടെ ദൈവത്തിൻ്റെ അടുത്തെയല്ല പിതാവ് സ്വീകരിക്കുന്നു മറ്റൊരു കാര്യം ഏദിവസത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം മത്താളുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നമുക്കെല്ലാം ഉത്സാഹം തരുന്ന ഒരു വചനമാണ് മത്താൾ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊമ്പത് ആമത്തെ വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം എന്നോട് പഠിപ്പിയും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവ നമ്മളൊത്തിരി കേട്ടേക്കുന്ന ഒരു വാക്യമാണ് നമ്മളൊത്തിരി കേട്ടേക്കുന്നൊരു വാക്യമാണ് നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ഒരു മുഖം എടുത്തു വെച്ചാൽ ഒരു സൈഡിൽ ലേച്ചു ഒരു സൈഡിൽ നമ്മൾ അപ്പോൾ ഒരു ദിവസത്തിൽ വേറൊരു ഭാഗത്തിൽ പഴയ നിയമത്തിൽ എക്സാക്റ്റ് ആമോസാണെന്ന് തോന്നും അവിടെ പറഞ്ഞ് രണ്ടുപേർ ഒത്തിട്ടില്ലാതെ തമ്മിൽ നടക്കുന്നത് എങ്ങനെ അപ്പോൾ യോഹനാൻ ഒന്ന് യോഹനാനി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് താൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം നടക്കേണ്ടതാവുന്നു ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തീരുകയാണ് കാരണം എന്താണ് ദൈവത്തിൽ ഇരുട്ടൊട്ടും ഇല്ല ഞാനാലോചിച്ച് ദൈവം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴും ഇപ്പോഴും ഞാൻ കാണുന്ന എൻ്റെ കുഴപ്പങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാമെങ്കിലും പലപ്പോഴും നടക്കാൻ പറ്റുമ്പോൾ എന്താണ് ഈ വാക്യമൊക്കെ വരുമ്പം നമ്മുടെ സ്പീഡ് കുറയുന്നു നമ്മുടെ ഇത് കുറയുന്നു കോൺഫിഡൻസ് കുറയുന്നു എല്ലാം കുറയുന്നു അപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതേ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ദൈവ എന്നോട് ഇടപെട്ടൊരു കാര്യമാണ് ഒരിക്കൽ കൊച്ചിനായിട്ട് ഞാൻ ഒരു സാധനം മേടിക്കാൻ പറ്റി നടക്കണം അപ്പം കൊച്ചിനെ ഞാൻ എടുത്തു കൊച്ചു നടക്കും അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ഇവനങ്ങടെ നടത്തിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഞാൻ നടത്തുക കൊച്ചിൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് ഞാൻ നടത്തത്തിൽ എന്തു ചെയ്തു അറിയാതെ ആദ്യമേ പതുക്കെ നടന്നെങ്കിലും സ്വാഭാവികമായിട്ട് അറിയാതെ ഞാൻ എൻ്റെ വേഗതയിലേക്ക് പോയി എൻ്റെ വേഗതയിലേക്ക് പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ച് നടക്കുന്നില്ല എന്താ കൊച്ചവിടെ നിൽക്കുന്നു കൊച്ചിന് എൻ്റെ സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ തിരികെ ചെന്നിട്ട് അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നത് എൻ്റെ സ്പീഡിലാണ് നടക്കുന്നത് ആറോ സ്പീഡിലാണ് നടക്കുന്നത് അവൻ്റെ സ്പീഡിൽ നടക്കും നമ്മുടെ ദൈവം ഇങ്ങനെയൊരു പിതാവാണ് നമ്മുടെ ദൈവം ഇങ്ങനെയൊരു പിതാവാണ് കൊച്ച് കരഞ്ഞാൽ എന്തു ചെയ്യും നമ്മളീ കൊച്ചിനെ കുറച്ച് കഴിയുമ്പോൾ നടപ്പിക്കത്തില്ല നമ്മളെ കയ്യിലെടുത്ത് പിടിക്കും അങ്ങനെ നടത്തി നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളെ ബലപ്പെടുത്തി യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു വലിയ പിതാവ് നമുക്കൊരു സൈഡിലുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ വളരെ വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് ഈ പിതാവാണ് നമുക്ക് ദൈവമായിട്ടുള്ളത് അവൻ നമ്മളെ വളർത്തും അവൻ നമ്മളെ നടത്തും നമ്മുടെ കുഴപ്പങ്ങളും അറിയാം നമ്മുടെ സ്പീഡ് അവനറിയാം നമുക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നറിയാം നമുക്ക് കഴിയുന്നതിന് വേണ്ടി പോലും തരുന്നില്ല തരുന്നില്ലാത്തൊരു ദൈവവുമാണ് നമുക്കറിയാം നമ്മുടെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ ഇവനിൽ കൂടി കൊള്ളാത്ത ദൈവമൊന്നും ചെയ്യാൻ പോകുന്നില്ല അവനറിയാം ആ കരുതുന്ന ദൈവത്തിൻ്റെ വലിയ കരങ്ങളിലാണ് നാം ഇരിക്കുന്നത് വീടാതവണ്ണം നമ്മളെ കാത്തു സൂക്ഷിച്ച് രക്ഷിക്കുന്ന ദൈവം കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തരിക നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനാണ് യേശു ഇന്നലെ എന്നും എന്നേക്കും അനന്യനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ മഹാസന്തോഷത്തിലേക്കാണ് അതുകൊണ്ട് നമ്മളെ മുറുകപ്പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ട് വിട്ട് വിട്ട് ഈ പരമവിളിയിലേക്ക് പരമവിളിയിലേക്ക് ഓടുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു നമുക്കൊരു പിതാവുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ കോൺഫിഡൻസ് വരുന്നൊരു കാര്യമാണ് ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുമ്പോഴും ഇത്ര വലിയ രക്ഷ നമ്മൾ എന്ത് ചെയ്യണം അഗണ്യമാക്കി കളയരുത് തള്ളിക്കളയരുത് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വന്നിരിക്കാം എങ്കിലും തിരിച്ചു വരുവാൻ ദൈവം എന്നും നമ്മൾ വിളിക്കുന്നത് മടങ്ങി വരിക എന്നുള്ളൊരു വലിയ ആഹ്വാനമാണ് മടങ്ങി ഇതാ ഞാൻ വേഗം വരുന്നു മടങ്ങി ദൈവത്തിങ്ങളിലേക്ക് വരിക ആ ദൈവം നമ്മളെ സ്വീകരിക്കും അത് നല്ലൊരു പിതാവാണ് ദൈവങ്ങനെ കത്താതെ നമ്മളെ സഹായിക്കട്ടെ